തീർച്ചയായും നാം നൂഹ അലി ഇസ്സലാമിനെ അദ്ദേഹത്തിൻറെ ജനതയിലേക്ക് അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ നിങ്ങളല്ലാഹു സുബാനുഹു വച്ച ആലയെ ആരാധിക്കുവിൻ അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല മഹത്തായൊരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭയപ്പെടുന്നു